പറയുക അള്ളാഹു സുബഹാനഹു വഹ അലേയിലും ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിലൂ ഇബ്രാഹിം അലേഹ്സ്സലാമിനും ഇസ്മായിൽ അലേഹിസ്സലാമിനും ഇസ്ഹാഖ് അലിഹിസ്സലാമിനും യക്കൂബ് അലേഹിസ്സലാമിനും സന്തതികൾക്കും അവതരിപ്പിക്കപ്പെട്ടതിലും മൂസ അലേഹിസ്സലാമിനും ഏസ അലേഹിസ്സലാമിനും നൽകപ്പെട്ടതിലും പ്രവാചകന്മാർക്ക് അവരുടെ രക്ഷിതാവിൽ നിന്ന് നൽകപ്പെട്ടതിലുമെല്ലാം ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു അവരിൽ ആരെയും ഞങ്ങൾ വേർതിരിക്കുകയില്ല ഞങ്ങൾ അവന് കീഴടങ്ങുന്ന മുസ്ലിംകളുമാണ്